അധ്യായം അൻപത്തിയേഴ് അൽ ഹദീദ്യിൽ അവതരിച്ചത് ഹദീദ് എന്നാൽ ഇരുമ്പ് എന്നർത്ഥം വചനത്തിൽ ഇരുമ്പിനെ സംബന്ധിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് പ്രകീർത്തനം ചെയ്തിരിക്കുന്നു അവൻ പ്രതാപിയും യുക്തിമാനോ അത്ര അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ സർവകാര്യത്തിനും കഴിവുള്ളവനുമാണ് അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ് അവൻ സർവകാര്യങ്ങളെക്കുറിച്ചും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 لا يَسْتَوِي مِنكُم مَّن آمَن ثُمَّ انقَلَبَ مِن قَبْلِ الْفَتْحِ وَقَاتَلَ أُولَئِكَ أَحَقُّ بِالْوَلَايَةِ مِنْ الَّذِينَ آمَنُوا مِن بَعْدُ وَقَاتَلُوا فَتَوَلَّىٰ كَأَنَّهُمْ يَخَصّونَنَّ فِي الْأَمْرِ ۖ وَكُلًّا وَعَدَ اللَّهُ الْحُسْنَىٰ ۗ وَاللَّهُ بِمَا تَعْمَلُونَ خَبِيرٌ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 يروننا نقت باسم نوركم قيل ارجعوا ورائكم فتلتمسوا نورا فضرب بينهم بسور له باب باب يفتحوه فيه الرحمه وطاهره من قبله العذاب كبدوا الواثقون كبدوا الواثقون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 അതിന്റെ ഉൾഭാഗത്താണ് കാരുണ്യമുള്ളത് അതിന്റെ പുറഭാഗത്താകട്ടെ ശിക്ഷയും ചെയ്യും യുനജൂനവും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 അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ നിന്നോ സത്യനിഷേധികളുടെ നിന്നോ യാതൊരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുന്നതല്ല നിങ്ങളുടെ വാസസ്ഥലം നരകമാകുന്നു അതത്രേ നിങ്ങളുടെ ബന്ധു തിരിച്ചുചെല്ലാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ ൂബു നിൽയൂൽ വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും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 أن الله يحيي الأرض بعد موتها قد دينا لكم الآيات لعل لكم تعقلون نِنْغَلْ أَرِنْيُّ كُلْلُّكَ تِيرْچَيَآيُمْ أَلَّهُ بُّوْمِيَ أَدْنِرْجِيوَمَ آيَ دِلُشَيْشَمْ سَجِيوَمَ آكُنُنُ تِيرْچَيَآيُمْ نَامْ نِنْغَلْكُ دِرِشْتَانْدَنْغَلْ بِبَرِجْشُتَمْ نِرِكُنُنُ نِنْغَل തീർച്ചയായും ധർമ്മിഷ്ഠരായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന് നല്ല കടം കൊടുത്തവരും ആരോ അവർക്കത് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ് അവർക്കത്രേ മാന്യമായ പ്രതിഫലമുള്ളത് ഉള്ളദീന അനുബി ലഹീകു മുസ്ുദ്ദീൻ ലഹും അജുറുഹും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 انما الحياه الدنيا لعب ولهو وزينه وتفاخر بينكم وتفاخر بينكم وتكاثرت الاموال والاولاد كمثل غيث اعجب الفزار نباته ثم يهيج فتره مصدرا ثُمَّ ثُمَّ يَهِيجُ يَكُونُ وَفِي الْآخِرَةِ عَذَابٌ شَدِيدٌ وَمَغْفِرَةٌ اللَّهِ الْحَيَاةُ الدُّنْيَا ുംയഹീസുവാഹി വരുവാൻ ഇല്ലോ നിങ്ങൾ അറിയുക ഇഹലോക ജീവിതമെന്നാൽ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 എന്നാൽ പരലോകത്ത് ദുർവൃത്തർക്ക് കഠിനമായ ശിക്ഷയും സദ്വൃത്തർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും ഉണ്ട് ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്നു വരുവി അതിന്റെ വിസ്താരം ആകാശത്തിന്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ് അല്ലാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്കുവേണ്ടി അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു അത് അല്ലാഹുവിന്റെ അനുഗ്രഹമത്ര അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതവൻ നൽകുന്നു അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു ും ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിനു തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടുകഴിഞ്ഞതായിട്ടല്ലാതെ തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതാകുന്നു ഇങ്ങനെ നാം ചെയ്തത് നിങ്ങൾക്കു നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടിയാണ് അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയേയും ഇഷ്ടപ്പെടുകയില്ലാ هذا آيات بشكة جانبية بشكة جانبية جانبية جانبية جانبية وليس جانبية جانبية ترجمه الله براسرية مكتنم ستتيا رحنو مطرين لَقَدْ أَرْسَلْنَا رُسُلَنَا بِالْدَيِّنَاةِ وَأَنْزَلْنَا مَعَهُمُ الْكِتَابَ وَالْمِيزَانَ لِيَقُومَ النَّاسُ بِالْقِسْطَ وَأَنْزَلْنَا الْحَدِيدَ فِيهِ بَأْسٌ شَبِيدٌ فِيهِ بَأْسٌ شَبِيدٌ وَمَنَافِعُ لِلنَّاسِ وَلِيَعْلَمَ اللَّهُ مَنْ يَنْصُرُهُ وَرُسُلَهُ بِالْغَيْبِ إِنَّ اللَّهَ قَوِيٌ عَزِيزٌ تيرت <تصفيق> سيائم ൂതന്മാരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അയക്കുകയുണ്ടായി ജനങ്ങൾ നീതിപൂർവം നിലകൊള്ളുവാൻ വേണ്ടി അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും ഇറക്കിക്കൊടുക്കുകയും ചെയ്തു ഇരുമ്പും നാം ഇറക്കിക്കൊടുത്തു അതിൽ കഠിനമായ ആയോധന ശക്തിയും ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട് അള്ളാഹുവിനേയും അവന്റെ ദൂതന്മാരെയും അദൃശ്യമായ നിലയിൽ സഹായിക്കുന്നവരെ അവന് അറിയാൻ വേണ്ടിയുമാണ് ഇതെല്ലാം തീർച്ചയായും അള്ളാഹു ശക്തനും പ്രതാപിയുമാകുന്നു തീർച്ചയായും നാം നോഹിനെയും ഇബ്രാഹീമിനെയും ദൂതന്മാരായി നിയോഗിച്ചു അവർ ഇരുവരുടെയും സന്തതികളിൽ പ്രവാചകത്വവും വേദഗ്രന്ഥവും നാം ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അവരുടെ കൂട്ടത്തിൽ സന്മാർഗം പ്രാപിച്ചവരുണ്ട് അവരിൽ അധിക പേരും ദുർമാർഗികളാകുന്നു تاريه برسلنا وقضينا بعيسى ابن مريم وااتيناه الانجيل وجعلنا في قلوب الذين اتبعوه rafa wa rahma wa rahdaniyat an tabduuha ma katabnaha alayhim illa ihtiraa'a ridwanu llah ുംനു മിൻഹും പിന്നീട് അവരുടെ പിന്നിലായി നാം നമ്മുടെ ദൂതന്മാരെ തുടർന്നയച്ചു മറിയമിന്റെ മകൻ ഐസായെയും നാം തുടർന്നയച്ചു അദ്ദേഹത്തിന് നാം ഇഞ്ചിയിൽ നൽകുകയും ചെയ്തു അദ്ദേഹത്തെ പിൻപറ്റിയവരുടെ ഹൃദയങ്ങളിൽ നാം കൃപയും കരുണയും ഉണ്ടാക്കി സന്യാസ ജീവിതത്തെ അവർ സ്വയം പൊതുതായി നിർമ്മിച്ചു അള്ളാഹുവിന്റെ പ്രീതി തേടേണ്ടതിനുവേണ്ടി അവരത് ചെയ്തു എന്നല്ലാതെ നാം അവർക്കത് നിയമമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അവരത് പാലിക്കേണ്ട മുറപ്രകാരം പാലിച്ചതുമില്ല അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിച്ചവർക്ക് അവരുടെ പ്രതിഫലം നാം നൽകി അവരിൽ അധിക പേരും ദുർമാർജികളാകുന്നു ും സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും അവന്റെ ദൂതനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നാൽ അവന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് ഓഹരി അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരു പ്രകാശം അവൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ പാതയിലൂടെ നടന്നുപോകാം നിങ്ങൾക്കവൻ പൊറത്തു തരികയും ചെയ്യും അള്ളാഹു വളരെയധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് യാതൊന്നും അധീനപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിവില്ലെന്നും തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ കയ്യിലാണെന്നും അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുമെന്നും വേദക്കാർ അറിയാൻ വേണ്ടിയാണിത് അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാകുന്നു